അദ്ദേഹം കപ്പൽ നിർമ്മിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ ജനതയിലെ പ്രമുഖർ അദ്ദേഹത്തിന്റെ അരികിലൂടെ കടന്നുപോകുമ്പോഴെല്ലാം അവർ അദ്ദേഹത്തെ പരിഹസിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പരിഹസിക്കുന്നതുപോലെ ഞങ്ങളും നിങ്ങളെ പരിഹസിക്കുന്നു